സത്യത്തോടു കൂടി നാം നിനക്ക് ഈ ഗ്രന്ഥം ഇറക്കിത്തന്നു മുൻപുള്ള ഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ടും അവയുടെ മേൽ മേൽനോട്ടം വഹിക്കുന്നതായും അതിനാൽ അല്ലാഹുസുബാനഹൂവത്തായാല ഇറക്കിയതുകൊണ്ട് നീ അവർക്കിടയിൽ വിധി സത്യവുമായി നിനക്ക് വന്ന കാര്യത്തിൽ അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിന്തുടരരുത് നിങ്ങളിൽ ഓരോരുത്തർക്കും നാം ഓരോ നിയമവും മാർഗ്ഗവും നിശ്ചയിച്ചു അള്ളാഹുസുബാനഹൂവത്തായാല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു എന്നാൽ നിങ്ങൾക്കു നൽകിയ കാര്യങ്ങളിൽ നിങ്ങളെ പരീക്ഷിക്കാനാണത് അതിനാൽ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മത്സരിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും അടക്കം അള്ളാഹുസുബഹാനഹുവ തായാലയിലേക്കാണ് നിങ്ങൾ വ്യത്യസ്തമായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് വിവരിച്ചുതരും